ഹരി ഓ മനോബുദ്ധ്യഹം നഹം ന്രോത്രജിഹേ നാണനേത്രേ നോമഭൂമി തേജോന വാ ചിദാനന്ദ ശിവോഹം ശിവോഹം നാണസഞ്ജന വൈ പഞ്ചവായു ൂ പഞ്ചകോശം നാണിപാദോ നോപസ്തായൂചിന്തൂപോഹം ശിവോഹം നേ ദ്വേഷോഭമോഹ മദോ നൈവേ നൈമാത്സര്യഭാവഹം നമ്മോ നാർ നാമോ നോക്ഷഹ ചിദന്ദ ശിവോഹം ശിവോഹം നാപം നൗഖ്യം നുഃഖം നത്രോ നീർത്ഥം നേദന bhojanam അഹം ഭോജനം na ഭോജ്യം നോക്ത ചിദാനന്ദ ശിവോഹം ശിവോഹം നേ മൃത്യുശാ നേ ജാതിഭേദ പിതാ മേനൈ മാത നന്ധുർനിത്രുരുന്യൂപോഹം ശിവോഹം അഹം നിർവികല്പോ നിരാ വിഭു വ്യാപ്യേന്ദ്രി സദാ മേ സമവം നുക്തിർന്നിന്ദ ം ശിവോഹം ഓ എല്ലാവർക്കും സഹജമായിട്ട് ഉള്ളിലെ ഒരു ദാഹമുണ്ട് ഇക്സ്പ്രസിബിൾ അർജ് അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതും പണം സമ്പാദിക്കുന്നതും സുഖങ്ങളെ അനുഭവിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ അതുകൊണ്ടാണ് സുഖം വേണം ദുഃഖം വരാൻ ഇതാണ് നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെ ഉദ്ദേശം ർഭത്തുനിന്ന് ഒരു കുട്ടി പുറത്തു വരുമ്പോ ആദ്യം കരയുമ്പോ തന്നെ ഗർഭത്തിനകത്തുണ്ടായിരുന്ന ഒരു സുഖം എന്തോ പോയി പാല് കുടിച്ചാൽ തൽക്കാലത്തേക്ക് ഉറങ്ങും കുറച്ചു കഴിഞ്ഞാൽ ചിരിക്കും പിന്നെയും കരയും കുറച്ചു കഴിഞ്ഞാൽ കളിപ്പാട്ടം വേണമെന്ന് പറയും കളിപ്പാട്ടം കൊണ്ടുവന്ന് കൊടുത്താൽ അതിലുള്ള മോഹം പോയി കുറച്ച് കളിച്ചിട്ട് വലിച്ചെറിയും നമ്മൾ അന്വേഷിക്കുന്ന സകല സ്വഭാവം ഇതാണ് കിട്ടുന്നവരെ അത് കിട്ടണം എന്നുള്ള ആഗ്രഹം കിട്ടുമ്പോ എന്തോ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ കിട്ടിക്കഴിയുമ്പോ മാറ്റിവെച്ചു കുറച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്തിലോ ഒരു അന്വേഷണമാണ് നേത്തി തത്ത് തത്ത് ഇതി പ്രതീക്ഷ തത്ര ഗേത്തി നേത്തി അനുഭവ അത് വേണം അത് വേണം എന്ന് പ്രതീക്ഷ അവിടെ ചെന്ന് നോക്കുമ്പോ നേ അനുഭവ അതല്ല അതല്ല എന്നാണ് ഇത് ജീവിതം മുഴുവൻ അനുസ്യൂതം നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നേത്തി നേത്തി എന്ന് പറഞ്ഞൊരു പ്രോസസ് ആർട്ടിഫിഷ്യൽ മെത്തേഡല്ല നാച്ചുറലായിട്ട് നമ്മളുടെ ഉള്ളില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ജനിച്ച മൊമെന്റ് മുതല് നമ്മളിത് തുടങ്ങിയിട്ടുണ്ട് ഇതല്ല ഓരോന്നോരോന്നായി തള്ളി നീക്കുന്നു എന്തിനുവോ അന്വേഷിക്കുകയാണ് ബുദ്ധി ഉള്ള ആളുകൾ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത് ഇതാണ് മൈത്രേയനോട് ചെന്ന് ചോദിക്കുന്നു ഞാൻ എന്റെ ജീവിതം കണ്ടു എത്രയോ രാജാക്കന്മാരുടെ ജീവിതം കണ്ടു ക്ഷത്രിയന്മാരുടെ ജീവിതം കണ്ടു അവരും ഒക്കെ തന്നെ അവർക്ക് ലോകത്തിലെ ഒരു സാധാരണ ഭിക്ഷുവാണെങ്കിൽ ഒരു പണക്കാരൻ കാറിൽ പോകുന്നത് കണ്ടാൽ കൊതിക്കും അതുപോലെ വേണം എന്ന് പക്ഷേ പണക്കാരുടെ കൂടെയും ഞാനിരുന്നു പരമദരിദ്രനായിട്ടും ഇരുന്നു ശൂദ്രകുലത്തിൽ ജനിച്ചു അവരുടെ വംശം എങ്ങനെയാ എന്ന് എനിക്കറിയാം ക്ഷത്രിയ ഹസ്തനാപുര രാജാക്കന്മാരുടെ കൂടെ ജീവിച്ചു അവരുടെയും കണ്ടു ഇവരൊക്കെ ചെയ്യുന്നത് എന്താ സുഖായ കർമാണി കരോ തിലോകഹാം അന്യതുപാരമം വേതവ ദുഃഖം എത്ര ഹേതു ഭഗവാൻ വദേ എനിക്ക് പിടികിട്ടീല അങ്ങ് പറഞ്ഞു തരാണ് എല്ലാരും സുഖത്തിനായിട്ട് കർമ്മം ചെയ്യുന്നു സുഖായ കർമാണി കരോത്തി ലോക ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഉദ്ദേശത്താണ് പക്ഷെ ന സുഖം വ ഉപാരമം വയാൾക്ക് സുഖമോട്ടും ഉണ്ടാവുന്നില്ല ആ കർമ്മത്തിന്ന് റിട്ടയർമെന്റും ഉണ്ടാവണില്ല എന്നാണ് ഒന്നിൽ ആ പ്രവൃത്തിയെ ഉപേക്ഷിക്കണം പക്ഷെ ആ പ്രവൃത്തി തുടങ്ങിയപ്പോ എന്തായി ഇല്ല എല്ലാ പ്രവൃത്തിയും നോക്കിക്കൊള്ളാം ഒരു ചീത്ത സ്വഭാവം എന്ന് നമ്മൾ പറയുന്നു ഒരു സിഗരറ്റ് വലിക്ക സുഖത്തിന് വേണ്ടി തുടങ്ങണു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അതിൽ സുഖമില്ല നിർത്തണം വിചാരിക്കണം പറ്റണില്ല എന്നാണ് അപ്പൊ ആ സുഖമോട്ട് കിട്ടണമില്ല ഈ തുടങ്ങി വെച്ചത് നിർത്താനും പറ്റണില്ലാണത് ഇപ്പൊ എല്ലാ കർമ്മങ്ങളുടെയും സ്വഭാവ അതാണ് ഹാബിറ്റ് ഉണ്ടായിപ്പോവും അതോട്ട് ഉപേക്ഷിക്കാനും വയ്യ ഈ സുഖമോട്ട് കിട്ടണമില്ല അപ്പൊ ആ സുഖത്തിനെ എവിടെ അന്വേഷിക്കും എവിടെ തെരഞ്ഞു കണ്ടുപിടിക്കും ഏത് സ്ഥലത്ത് അന്വേഷിക്കും ഈ അന്വേഷണം അനുസ്യൂതം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് മനുഷ്യജന്മത്തിൽ പ്രത്യേകിച്ച് ഉണ്ട് നമ്മൾ അന്വേഷിക്കുന്നു ആ സുഖത്തിനെ അത് അന്വേഷിച്ചു വന്ന് ലോകത്തില് ഉള്ള സുഖങ്ങളൊക്കെ നമുക്ക് ലിമിറ്റഡ് ആണെന്ന് കാണുമ്പോഴാണ് ആ സുഖത്തിനെ വല്ല ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് സയൻസില് പല എക്യൂപ്മെന്റ്സും മെത്തേഡ്സും ഒക്കെ ഈ ലോകത്തിലുള്ള സുഖത്തിനെ അല്പമൊന്നും വല്ലതും ഒക്കെ ചെയ്യാൻ സാധിക്കുമോ സുഖക്കേട് വരുന്നു സുഖക്കേട് ഗുണമാക്കാനായിട്ട് ഭേദം ചെയ്യാനായിട്ട് മരുന്ന് ദുഃഖൌഷധം തദപി ദുഃഖം ആ മരുന്ന് ചിലപ്പോ വ്യാധിയെക്കാളും ഭയങ്കരമായിട്ട് തീരുന്നു ഒന്നും ഫലിക്കുന്നില്ല ഒരു ലിമിറ്റിന് ഒരു പശുവിനെ കെട്ടിയിട്ടാൽ ആ കയറ് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിന് അതിനൊരു ഫ്രീഡം ഉണ്ട് അതിനു മേലെ ഒരു ഫ്രീഡം ഇല്ല അതിനകത്ത് കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റാണ് അത് ചുറ്റി ചുറ്റി ചുറ്റി അവസാനം എന്താവും പശുക്കുട്ടിയുടെ കഴുത്ത് നല്ലവണ്ണം മുറുകിയിട്ട് അനങ്ങാൻ പറ്റാതാവും ആ കെട്ടില് അപ്പൊ നമ്മളുടെ അന്വേഷണമൊക്കെ ലിമിറ്റഡ് സർക്കിളിലാണ് പരിച്ഛിന്നമായ ഒരു കോമ്പൌണ്ടിന്റെ ഉള്ളിലുള്ള പ്രദക്ഷിണം അപ്പൊ ഈ സുഖത്തിന് എവിടെ പോകും എങ്ങനെ കണ്ടെത്തും എന്നുള്ള അന്വേഷണം ആ അന്വേഷണം നമ്മളെ അവസാനം ലോകത്തിൽ ഉള്ള സുഖ ലിമിറ്റഡ് ആണെന്ന് കാണുന്നു വൈദിക കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതും ലിമിറ്റഡ് ആണെന്ന് കാണുന്നു അതും ഉദ്ദേശിക്കുന്നത് അല്ലെ വമോപാത്ര സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീപരമേശ്വര പ്രീത്യർത്ഥം ശ്രീനാരായണ പ്രീത്യർത്ഥം എന്തെങ്കിലും പറഞ്ഞിട്ട് കുടുംബ സൌഖ്യർത്ഥം വ്യാധി നിവാരണാർത്ഥം സത്സന്ധാന അഭിവൃദ്ധ്യർത്ഥം എല്ലാം പറയുന്നു പക്ഷേ ഇതൊക്കെ കുറെ കഴിയുമ്പോൾ കാണാം ഈ ചോദിച്ചു വാങ്ങിയതൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല നല്ല ആരോഗ്യമായി ജീവിച്ചാലും പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പറയാൻ വയ്യ അവസാനമാവുമ്പോൾ എന്തായാലും ആ ശരീരം പോവാൻ പോകും അപ്പൊ പൂർണ്ണ തൃപ്തി പൂർണ്ണമായ ഒരു സന്തോഷം എന്തിനോ വേണ്ടിയുള്ള ദാഹമുണ്ടല്ലോ അതെങ്ങനെ തീരും എവിടെ തീരും എവിടെ അവസാനിക്കും ഈ അന്വേഷണം ലോകത്തിൽ നിന്നും വേദത്തിൽ നിന്നും നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നുവെച്ചാൽ ശരീരത്തിന്റെയും ബുദ്ധിയുടെയും മനസ്സിന്റെയും ഒക്കെ കടന്ന് ഒരു സത്യത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ സത്യത്തിനെ ആദ്യം പുറത്തൊക്കെ അന്വേഷിച്ച് നടക്കും പുറത്തെല്ലാം അന്വേഷിച്ച് നടന്ന് പിന്നെ നമുക്ക് ഒരു പിടിയും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഭഗവാനെ പിടിക്കും ഭഗവാനോട് ഭക്തി ചെയ്യും ഭക്തി ചെയ്ത് ചിത്തം ശുദ്ധമാവുന്നു ചിത്തം ശുദ്ധമാവുമ്പോൾ പിന്നെ നമ്മൾ അന്വേഷിക്കും ഈ ഭഗവാൻ എവിടെയാണ് ഭഗവാനെ എവിടെ കണ്ടെത്തും ആ ഭഗവാൻ അവസാനം നമ്മളെ സത്യം ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ജ്ഞാന കേന്ദ്രം അതിനെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നു അവിടെ കൊണ്ടു ചെന്ന് ആ ഗുരു എന്തു പറഞ്ഞു തരുന്നു ഗുരുവിന്റെ പ്രയോജനം എന്താണ് നമുക്ക് എന്തെങ്കിലും മന്ത്രം ഉപദേശിച്ചു തരുന്ന ഗുരുക്കന്മാരുണ്ടാവും ശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന ഗുരുക്കന്മാരുണ്ടാവും സ്കൂളില് ഒന്നാം ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിക്കുന്ന ആളും ഗുരുവാണ് പക്ഷേ ഇവിടെ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഗുരു ആരാണ് ശങ്കരാചാര്യ സ്വാമികൾ ശതശ്ലോകി എന്ന് പറഞ്ഞ് ഒരു കൃതി എഴുതിയിട്ടുണ്ട് അതിൽ ഗുരുവന്ദനം ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞു ചിന്താമണി എന്നൊരു രത്നമുണ്ട് ആ ചിന്താമണി രത്നം കൊണ്ട് എന്തിനെങ്കിലുമൊക്കെ സ്പർശിച്ചാൽ അത് സ്വർണമാവും കിട്ടിയാ വേണ്ടില്ല ഞാൻ തോന്നൂല്ലേ അപകടമാവും പിന്നെ ആചാര്യസ്വാമികൾ പറയുന്നു ഈ ചിന്താമണി കൊണ്ട് എന്തിനെങ്കിലും സ്പർശിച്ചാൽ അത് സ്വർണമാവും പക്ഷേ ചിന്താമണിക്ക് ഈ സ്പർശിക്കുന്ന വസ്തുവിനെ ചിന്താമണിയാക്കാനുള്ള ശക്തിയില്ല സ്വർണമേ ആക്കുകയുള്ളൂ ചിന്താമണിയാക്കില്ല പക്ഷേ ഒരു ഗുരു താൻ സ്പർശിക്കുന്ന ജീവനെ താൻ തന്നെ ആക്കി തീർക്കുന്നു താൻ സ്പർശിക്കുന്ന ജീവനെ താൻ തന്നെ ആക്കി തീർക്കുന്നു തന്നിൽ നിന്ന് അന്യമല്ലാതെ അതാണ് അനന്യപ്രോക്തെ ഗതിരത്ര നാസ്തി അണിയാൻ ഹി അതർക്കം അണുപ്രമാണാത്ത് ഈ ബ്രഹ്മവിദ്യ അണുവിനേക്കാളും അണു സൂക്ഷ്മത്തിനേക്കാളും സൂക്ഷ്മം അത് അന്യനായിട്ട് നിന്ന് പറഞ്ഞു തരുന്ന ഒരാചാര്യൻ പറഞ്ഞാൽ ഫലിക്കില്ല എന്നാണ് അനന്യനായിട്ട് എന്ന് വെച്ചാൽ ഈ കേൾക്കുന്ന ശിഷ്യനും പറയുന്ന ആളും രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല രണ്ടും പറയുന്ന ആള് സ്വയമേവ് തന്റെ മുമ്പിലുള്ള ആളും ഞാനും ഒന്നാണെന്നുള്ള ഭാവം വരണം ആ അനുഭവസ്ഥിതിയിൽ നിൽക്കുമ്പോ ഉപദേശിക്കൊന്നും വേണ്ട ഈ പ്രഭാഷണമൊക്കെ വെറൊരു വ്യാജം അത്രയേ ഉള്ളൂ ഉപദേശിക്കൊന്നും വേണ്ട യഥാർത്ഥത്തിൽ ആ ഐക്യമുണ്ടെങ്കിൽ ഒരേ ഒരു ദൃഷ്ടി ഒരേ ഒരു നോട്ടം ആ ദൃഷ്ടിപതി ഈ ആത്മവിദ്യ പ്രകാശിക്കാനായിട്ട് വേറെ വേണ്ട ഒരു ദൃഷ്ടി വാക്കുകൾ കൊണ്ടൊന്നും പറയേണ്ട ദൃഷ്ടി കൊണ്ട് തന്നെ പൂർണ്ണാനുഭവം സിദ്ധിക്കും അതിനെ ചക്ഷുർദീക്ഷ എന്ന് പറയും ചക്ഷുർദീക്ഷ അവർ വൊളണ്ടറി ആയിട്ട് എന്തെങ്കിലും ചെയ്യലല്ല ഗുരു സ്വയമേവ താൻ ആത്മാവാണെന്നുള്ള അനുഭവ ദശത്തിൽ ദശയിലിരിക്കുന്നു ഈ പോകുന്ന ശിഷ്യനോ അതിന് പക്വമായിട്ട് കർപ്പൂരം പോലെ തീടടുത്ത് ചെല്ലുമ്പോ കൊളുത്തിപ്പിടിക്കുന്ന കർപ്പൂരം പോലെ പക്വസ്ഥിതിയിലിരിക്കും ആചാര്യന്റെ ദൃഷ്ടി അവിടെ വീണാൽ മതി താൻ വേറെയല്ല നിൽക്കുന്ന ആൾ വേറെയല്ല ആ കൃപാപ്രവാഹം ഒരു ക്ഷണത്തിൽ അനുഭവത്തിനെ ഉണ്ടാക്കും ഈ അനുഭൂതിയുടെ സ്വരൂപം എന്താണ് എന്തിനെയാണ് അനുഭവിക്കുന്നത് എന്തിനെയാണ് കണ്ടെത്തുന്നത് ആ പൂർണ്ണത്വം എങ്ങനെ ഉണ്ടായി പൂർണ്ണത്തിനെ എവിടെ നിന്ന് കണ്ടുപിടിക്കണം കൊണ്ടുവരണം പൂർണ്ണത്തിനെ എവിടെ നിന്നും കൊണ്ടുവരേണ്ട നമ്മളുടെ സ്വരൂപം തന്നെ പൂർണ്ണമാണ് വിനായക ചതുർത്ഥി ഗണപതി ചതുർത്ഥിക്ക് കൊഴക്കട്ടെ ഉണ്ടാക്കും മോദകം ഇവിടെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നറിയില്ല ഉള്ളിലുള്ളതിന് പൂർണ്ണം എന്നാണോ പറയാ നിങ്ങൾ ആണോ അകത്തുള്ളത് പൂർണ്ണം പുറമേക്ക് മാവ് പുറമേക്ക് മാവ് കൊണ്ട് ചുറ്റി അകമേക്ക് പൂർണ്ണം വെച്ച് കുഴക്കട്ടെ ഉണ്ടാക്കും ഗണപതി കയ്യിൽ വെച്ചിട്ടുണ്ട് ചതുർത്ഥിക്ക് ഞങ്ങളൊക്കെ ഈ കുഴക്കെട്ടം കിട്ടിയാൽ ആരും കാണാത്ത സ്ഥലത്ത് പോയി മാവ് കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് തിങ്ങും കുട്ടികൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോ കുട്ടികളുടെ ബുദ്ധി വളരെ എന്താണ് സ്ട്രെയിറ്റാണ് അപ്പൊ തോന്നുന്നു എന്തിനാ ഈ മെനക്കെട്ട് ഈ പൂർണ്ണത്തിന്റെ മേലെ ഈ മാവ് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണതാന്ന് തോന്നുന്നു പക്ഷേ വലിയ പേർക്ക് വയസ്സാകുമ്പോ ജ്ഞാനമല്ല കൂടുന്നത് അജ്ഞാനമാണ് ആ പൂർണത്തിനെ തനിച്ച് തിന്നാൻ വയ്യ അതിനെ മാവിലൂടെ ആസ്വദിക്കണം വാസ്തവത്തിൽ സ്വാദ് മാവിന്റെ ആണോ മാവ് തനിച്ച് ആരും തിന്നില്ല മാവ് പൂർണ്ണം ആരും തനിച്ച് തിന്നും മാവ് ആരും തനിച്ച് തിന്നില്ല സ്വാദ് പൂർണത്തിന്റെയാണ് പുറമേക്കുള്ള മാവിന്റെ അല്ല പക്ഷെ ആ ഉപ്പുരസത്തിനൊരു സ്വാദ് വരുന്നത് അതിന് പുറകിലുള്ള പൂർണ്ണത്തിന്റെ സമ്പർക്കം കൊണ്ടാകും വയസ്സാവും നമുക്ക് പൂർണ്ണത്തിനെ മാവിലൂടെ ആസ്വദിക്കേണ്ടിയിരിക്കും ചെറിയ കുട്ടികളാവുമ്പോ മാവിനെ കളഞ്ഞിട്ട് പൂർണ്ണത്തിനെ തിന്നും ജ്ഞാനികൾ കുട്ടികളെ പോലെയാണ് മാവിനെ കളഞ്ഞിട്ട് പൂർണ്ണത്തിനെ തിന്നും വലുതാവുമ്പോ വലുതാവുക എന്ന് വെച്ചാൽ അജ്ഞാനികളുടെ സ്വഭാവം എന്താ ഇതൊക്കെ മാവാണേ ഈ ശരീരം മാവ് മനസ്സ് മാവ് ശരീരമാവുന്ന അരി മാവില് മനസ്സാവുന്ന ഉപ്പ് ചേർത്തിട്ട് ഉള്ളിലുള്ള ആത്മാവിനെ ആസ്വദിക്കുകയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതൊക്കെ ആത്മാവിനെ തന്നെയാണ് അനുഭവം വേറെ സാധ്യമല്ല ഉള്ളിലുള്ള പൂർണ്ണത്തിനെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് പക്ഷെ മാവിലൂടെ അനുഭവിക്കുന്നു ജ്ഞാനികൾ മാവിനെ എടുത്തു മാറ്റിയിട്ട് പൂർണ്ണത്തിനെ അനുഭവിക്കുന്നു പൂർണ്ണം മാത്രമായി അനുഭവിക്കും അപ്പോ പൂർണാനുഭവം എന്ന് പറയുന്നത് നമുക്ക് സിദ്ധമാണ് ഇപ്പോഴും നമുക്ക് പൂർണാനുഭവം ഉണ്ട് പക്ഷെ ഈ മാവ് മറച്ചിരിക്കുന്നു മാവിനെ എടുത്തു മാറ്റുക മാത്രമേ വേണ്ടൂ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു സത്ത് ഒരിക്കലും മറയുന്നില്ല അസത്ത് ഒരിക്കലും ഉണ്ടാവുന്നില്ല പക്ഷേ അജ്ഞാനികൾക്ക് അസത്ത് ഉള്ളതുപോലെയും സത്ത് ഇല്ലാത്തതുപോലെയും ഒരു അജ്ഞാനം ഉള്ളതുകൊണ്ട് സത്തിനെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ആത്മാവ് ഒരിക്കലും അറിയുന്നില്ല ആത്മാവല്ലാത്ത വസ്തുക്കൾ ഒരിക്കലും ഉണ്ടാവണില്ല പക്ഷേ അജ്ഞാനം കൊണ്ട് ഉള്ളത് കാണപ്പെടുന്നില്ല ഇല്ലാത്തത് എപ്പോഴും കാണപ്പെടുന്നു അതുകൊണ്ട് ാത്തതാണ് വാസ്തവം എന്നുള്ള ഭ്രമം ഉള്ളതുകൊണ്ട് ഉള്ളത് നമുക്ക് അനുഭവത്തിൽ വരണില്ല അപ്പോ ഉള്ളതിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം അതിന്റെ മേലെ വീണിരിക്കുന്ന ഈ മാവെടുത്ത് മാറ്റണം മറ കളയണം മറ കളഞ്ഞാൽ ഉള്ളത് തനിയെ ജ്വലിക്കും നമ്മള് മണ്ണിനെ മാന്തിയാൽ മണ്ണ് കുഴിച്ചെടുത്താൽ ഉള്ളിൽ എന്ത് കാണും ഞാഞ്ഞൂളും പുഴുവൊക്കെ കാണും അല്ലേ സാധാരണ തിരുമൂലർ എന്ന സിദ്ധൻ ഒരു പാട്ടുപാടി പുഴുതിയെ തോണ്ടിനേൻ പൂഷണി പൂത്തത് ഞാൻ മണ്ണ് മാന്തിയപ്പോ മണ്ണെടുത്ത് പുറത്തു കളഞ്ഞപ്പോ അതിനകത്ത് നല്ല ഇളവൻ വഴുതിരിങ്ങ ഉള്ളില് കിട്ടി എന്നാണ് നല്ല ഇളവൻ കിട്ടി ഇളവനോ മത്തനോ എന്തു വേണമെങ്കിൽ വെച്ചോളാം എന്താ അർത്ഥം എന്ന് വെച്ചാൽ മണ്ണ് മാന്തിയപ്പോ മത്തൻ കിട്ടി ഇളവൻ കിട്ടി എന്നല്ല അർത്ഥം ഉള്ളിലുള്ള ഈ മറയൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ശിവലിംഗം കണ്ടു എന്നാണ് ശിവലിംഗം അങ്ങനെ ഉണ്ടാവുമല്ലോ ഇളവനോ മത്തനെ പോലെ സത്യത്തിനെ ഉള്ളിൽ കണ്ടു എന്നാണ് പുഴുതിയെ തോണ്ടിനേൻ ഭൂഷണി പൂത്തത് അപ്പോ നമ്മളുടെ ഈ പുഴുതി പൂഴി മാറ്റ സത്യം അല്ലാത്തതൊക്കെ എടുത്തുമാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ നിർവ്വാണ ഷഡ്കം ഈ നിർവ്വാണഷ്കം ആചാര്യസ്വാമികൾ ശങ്കരാചാര്യസ്വാമികൾ നിർവണദശകം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട് പത്ത് ശ്ലോകം ഗോവിന്ദ ഭഗവത്പാദരെ ആദ്യമായിട്ട് കണ്ടപ്പോ കൊച്ചുകുട്ടി എട്ടു വയസ്സായി ശങ്കരൻ ചൊല്ലിയതാണ് നിർവാണദശകം മനോബുദ്ധ്യഹംകാരചിത്ത ചോത്രജിഹേന ചാണനേത്രേ ന്യോമഭൂമിർന്നേജോനവായു ചിദാനന്ദ ശിവോഹം ശിവോഹം ൂമി നേജോ നായു നഖം നേന്ദ്രി വേഷൂഹ അനൈകുഷുപ്കസിദ്ധസ്തേകോവശിഷ്ട ശിവ കവലോഹം നർണവർശ്രമാചാരധർമാേധാരണ്യാനോദയോ അനത്മാശ്രയോഹം മധ്യാസഹാനവശിഷ്ട ശിവ കേലോഹം ഇത് നിർവ്വാണ ദശകം എട്ട് വയസ്സിൽ ഗോവിന്ദ ഭഗവത്പാദർ ശങ്കരാചാര്യരെ കൊച്ചു കുട്ടിയായിട്ട് കണ്ടു കാലടിയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് നടന്നു മധ്യപ്രദേശിൽ നർമ്മദാ നദിയുടെ തീരത്ത് വെച്ച് ഈ കുട്ടിയോട് ചോദിച്ചു കുട്ടി ആരാണ് എവിടുന്ന് വരുന്നു എവിടേക്ക് പോകുന്നു കസ്ത്വം ശിഷോ കുസി ഗന്ധ സാധാരണ ഈ ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല സാധാരണ നമ്മൾ കണ്ട ഇത്തരം ചോദ്യമേ ഉള്ളൂ അല്ലെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ ആരാണ് എവിടെയാ വീട് എവിടുന്ന് വരുന്നു ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നീട് വർത്തമാനം വികസിച്ചുകൊണ്ടേ വരും ഞാൻ പാലക്കാട് എന്നാണ് ഏത് ഗ്രാമം നൊച്ചൂർ നൊച്ചൂരിലെ എനിക്കൊരു വാദ്യാരെ അറിയുമല്ലോ അവര് ഞങ്ങളുടെ സ്വന്തക്കാരുടെ എങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിനുള്ള സമാധാനമൊക്കെ പോകും ലൌകിക വർത്തമാനം അല്ലെ നാരായണ ഗുരുസ്വാമികൾ രമണ മഹർഷിയെ കണ്ടു സ്കന്ധാശ്രമത്തില് തിരുവണ്ണാമലയിൽ ഒരു വെച്ച് കണ്ടു കാഞ്ചീപുരത്തിൽ വന്ന് അവിടുന്ന് ചില ശിഷ്യന്മാര് വിളിച്ചുകൊണ്ടുപോയി സ്കന്ധാശ്രമത്തില് മഹർഷിയെ കാണാൻ ചെന്നപ്പോ ജനലിൽ കൂടെ അകമയ്ക്ക് നോക്കി മഹർഷി ഗുരു അവിടെ ഗുരുസ്വാമികളെ കണ്ടു ഗുരുസ്വാമി പുറത്തെന്ന് നോക്കി രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ശിഷ്യന്മാര് മുമ്പിൽ നമസ്കരിച്ചു നാരായണ ഗുരു പുറത്തിരുന്നു ഊണ് കഴിക്കേണ്ട സമയമായപ്പോ രമണ മഹർഷി ഊണ് കഴിക്കിയല്ലേ എന്ന് മലയാളത്തിൽ ചോദിച്ചു നാരായണ ഗുരു തമിഴിൽ മഹർഷികൾ പ്രസാദം ചാപ്പടലാം എന്ന് നാരായണ ഗുരുസ്വാമിയിൽ തമിഴിൽ ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് തമിഴ് നല്ലവണ്ണം അറിയാം തമിഴിലെഴുതിയിട്ടുണ്ട് സംസ്കൃതത്തിലെഴുതിയിട്ടുണ്ട് മലയാളത്തിലെഴുതിയിട്ടുണ്ട് മഹർഷികൾ പ്രസാദം ചാപ്പടലാം രണ്ടുപേരും ഊണ് കഴിച്ചു നോക്കണം ആ സമദർശിത്വം ഒന്നും മിണ്ടിയില്ല എന്താ മിണ്ടാനുള്ളത് പറയുകയാണെങ്കിൽ ബ്രഹ്മവിദ്യ പറയണം രണ്ടുപേരും ജ്ഞാനികൾ എന്തു പറയണം ഒന്നും മെണ്ടിയില്ല നമ്മള് സാധാരണ നമ്മളെക്കാളും ചെറിയ ആളുകൾ വന്നാൽ അവജ്ഞ ഉണ്ടാവും വലിയ ആളുകൾ വന്നാൽ സംരമുണ്ടാവും ഒരു വന്നു എങ്ങനെ നമ്മൾ വരവേൽക്കും എങ്ങനെ അവരോട് വർത്തമാനം യാതൊരു സംരമില്ല മഹർഷി ഊണ് കഴിച്ചിട്ട് നടക്കാൻ പോകേണ്ട സമയമാണ് നാരായണഗുരു അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം നടക്കാൻ പോയി ആ സമദർശിത്വം കണ്ട് നാരായണഗുരു അഞ്ചു ശ്ലോകങ്ങൾ എഴുതി അവിടെ വെച്ച് നിർവൃത്തി പഞ്ചകം എന്ന പേരിൽ അതിൽ പറയുന്നു ഒന്നും ചോദിക്കണില്ല ഏത് നാട് എന്ന് ചോദിക്കണില്ല എന്താ പേര് എന്ന് ചോദിക്കണില്ല എവിടുന്നു വരണോ എന്ന് ചോദിക്കണില്ല എന്താ ജാതി എന്ന് ചോദിക്കണില്ല ഇത്തരം ചോദ്യങ്ങൾ ആരും ചോദിക്കുന്നില്ലയോ അയാൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ് കോ നാമദേശ കാ ജാതി ഹി പ്രവൃത്തി കിയ ദ്വയ ഇത്യാദി വാദോപരതിഹി ഇങ്ങനത്തെ ചോദ്യങ്ങൾ എത്ര മക്കളുണ്ട് എത്ര പേരക്കുട്ടികളുണ്ട് എന്താ ജോലി ആ ജോലിയിൽ എന്താണ് നിങ്ങൾക്ക് ശമ്പളം ഇത്തരം ചോദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അസ്തമിക്കുകയേയില്ല ലൗകിക വർത്തമാനം വികസിച്ച് വികസിച്ചു വരും അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ആരും ചോദിക്കുന്നില്ലയോ തസീവ നിർവൃത്തിഹി അങ്ങനെയുള്ള ആൾക്കെ മനസ്സിന് ശാന്തി ഉണ്ടാവുകയുള്ളൂ എന്ന് മഹർഷിയുടെ ആ ചര്യ കണ്ടിട്ട് ഇത്യാദി വാദോപരതം മഹാന്തം പ്രശാന്തഗംഭീര നിജസ്വഭാവം ഷോണാച്ചല് ശ്രീ രമണം നിരീക്ഷ പ്രോവാച നാരായണ സംയമീന്ദ്ര എന്ന അവസാന ഒരു ശ്ലോകം ഷോണാചലത്തിൽ രമണനെ കണ്ടപ്പോ ഇത്തരത്തിൽ യാതൊരു വാദവും കണ്ടില്ല എന്നാണ് എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഊണ് കഴിച്ചു യാതൊരു വിധത്തിലും വരിക പോവുക കുറച്ചു ദിവസം കൂടി ഇരുന്നിട്ട് പോകൂ അല്ലെങ്കിൽ എപ്പോ വന്നു ഇത്തരത്തിൽ യാതൊരു വർത്തമാനവും ഇല്ല പക്ഷേ ഗോവിന്ദ ഭഗവത്പാദര് ശങ്കരനെ കണ്ട ഉടനെ ചോദിച്ചത് ആരാണ് എവിടുന്ന് വരുന്നു അച്ഛൻ ആരാണ് കസ്ത്വം ശിശോ കസ് കുന്ത കിം നാമത്തെ ത്വം ആഗതഹ അസി അസ്താമലകനോട് ശങ്കരാചാര്യ സ്വാമികൾ ഇതേ ചോദ്യം ചോദിച്ചു ഏകദേശം ഇതേ അർത്ഥത്തിൽ ഗോവിന്ദ ഭഗവത്പാകരും ചോദിച്ചു കസ്ത്വം ബാല കുഞ്ഞിനി ആരാണ് തന്നെ കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു ആരാണ് എവിടുന്ന് വരും ഈ ചോദ്യമൊക്കെ ശരീരത്തിനെക്കുറിച്ചാണെങ്കിൽ ആ ചോദ്യത്തിനും അർത്ഥമില്ല അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരത്തിനും അർത്ഥമില്ല പക്ഷെ ഈ ചോദ്യത്തിന്റെ മർമ്മം കുട്ടി ഉടനെ പിടിച്ചെടുത്തു ചോദിച്ചത് ദേഹത്തിനെക്കുറിച്ചല്ല എന്നെക്കുറിച്ചാണ് അപ്പൊ എന്നെക്കുറിച്ച് വേണം ഉത്തരം പറയാൻ ദേഹത്തിനെക്കുറിച്ച് ചോദിച്ചാൽ ദേഹത്തിന്റെ അഡ്രസ് കൊടുക്കാം നീ ആരാണ് നീ എവിടുന്ന് വരുന്നു ഞാൻ ഈ ദേഹമല്ലോ न നൂമി തോയം നേജോ നായു നഖം നിയം तदेगो അനൈകാതികുഷുപ്തിേകസിദ്ധ തദേകോവശിഷ്ടിവോഹം ഈ ശരീരം ഭൂമി വെള്ളം അഗ്നി